ം പത്ത് അക്കാലത്ത് യഹോവാ എന്നോട് നീ മുമ്പലത്തേവ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എന്റെ അടുക്കൽ പർവ്വതത്തിങ്കൽ കയറി മരം കൊണ്ട് ഒരു പെട്ടകവും നീ ഉടച്ചുകളഞ്ഞ മുമ്പലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകകളിൽ എഴുതും നീ അവയെ ആ പെട്ടകത്തിൽ വെക്കണമെന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി മുമ്പലത്തേവ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത പത്തുകൽപ്പനയും യഹോവ മുമ്പലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എന്റെ പക്കൽ തന്നു അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ പെട്ടകത്തിൽ പലക വെച്ചു യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട് ഇസ്രയേൽ മക്കൾ ബേനെ ആക്കാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു അവിടെ വച്ച് അഹരോൻ മരിച്ചു അവിടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ എലയാസ അവനെ പകരം പുരോഹിതനായി അവിടെ നിന്ന് അവർക്കും ഗുഗ്ദോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യോത്ബത്തയ്ക്കും യാത്ര ചെയ്തു അക്കാലത്ത് യഹോവ ലേവിഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ല നിന്റെ ദൈവമായ യഹോവ അവനെ വാക്തത്വം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം ഞാൻ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും പകലും പർവ്വതത്തിൽ താമസിച്ചു ആ പ്രാവശ്യവും യഹോവ എന്റെ അപേക്ഷ കിട്ടു നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്ക അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു ആകയാൽ ഇസ്രയേലെ നിന്റെ ദൈവമായ ഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനിന്ന് നിന്നോട് അജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് ഇതാ സ്വർഗവും സ്വർഗാധി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വച്ച് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത് നിങ്ങളുടെ ദൈവമായ ഹോവ ദൈവാധിദൈവവും കർത്താധികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതുമില്ല അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തിക്കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ നിങ്ങളും മിശ്രയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ നിന്റെ ദൈവമായ ഹോവയെ നീ ഭയപ്പെടേണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്നു നിന്റെ പുകഴ്ച അവനാകുന്നു നിന്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്കുവേണ്ടി ചെയ്തത് തന്നെ നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിശ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴോ നിന്റെ ദൈവമായ ഈ ഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആക്കിയിരിക്കുന്നു